Oh my God, all of us are swaggadam. This is... Oh my God, all of us are swaggadam. This is a podcast that we will handle everything under the sun. സുലജ് കിഡബഡ് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഞാനൊരു നാസ്തികനാണ് ഞാൻ ശാസ്ത്രീയമായാണ് ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളെയും അപ്രോച്ച് ചെയ്യുന്നത് കാണുന്നത് കൈകാര്യം ചെയ്യുന്നത് യുക്തിപരമായി ചിന്തിച്ചും പ്രവർത്തിച്ചുമാണ് കഴിവതും ചിലപ്പോൾ ഒക്കെ യുക്തിക്ക് നിറക്കാത്ത കാര്യങ്ങളൊക്കെ ധാരാളം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മാൻ ഇസ് ബൗണ്ട് ഏർ അപ്പോൾ നമുക്ക് തുടങ്ങാം എന്താണ് നാസ്തികത ചില ആൾക്കാരുടെ ഒരു തെറ്റായ ഒരു ധാരണയാണ് നാസ്തികത എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ വിശ്വാസമില്ല പക്ഷെ ചെകുത്താനിൽ വിശ്വാസമുണ്ട് എല്ലാ നാസ്തികരും ചെകുത്താൻ ആരാധനയാണ് അവർ ബ്ലാക്ക് മാസ് ഒക്കെ കൊണ്ടാടുന്നുണ്ട് എന്ന് ധാരാളം തെറ്റായ കാഴ്ചപ്പാടുകളും അറിവുകളും തെറ്റായ അറിവുകൾ ഒക്കെ വെച്ച് ആൾക്കാരാണ് നമ്മുടെ സമൂഹത്തിൽ കൂടുതൽ എന്താണ് നാസ്തികത എത്തിസം എന്താണ് വ്യത്യസ്തമല്ലെങ്കിൽ നാസ്തികത എന്നത് വളരെ സിംപിളാണ് ദൈവം എന്നൊരു പ്രതിഭാസം നമ്മുടെ ഈ യൂണിവേഴ്സിൽ എക്സിസ്റ്റ് ചെയ്യാൻ യാതൊരു സാധ്യതയും എന്ന് അറിയുന്നവരാണ് നാസ്തികത ആ അറിവാണ് നാസ്തികത തയ്ക്കും വളരെ ഗ്രേഡിങ്സുണ്ട് ചില ആൾക്കാർ സ്ട്രോങ് എത്തിയിസ്റ്റാണ് വളരെ തീവ്ര നാസ്തിക വിചാരങ്ങളുള്ള ആൾക്കാരുണ്ട് ചില ആൾക്കാർക്ക് മൃദുനാസ്തികതയാണ് അങ്ങനെ നിങ്ങൾ റിച്ചാർഡ് ഡോക്കൻസിനെ കേട്ട് കാണുമായിരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു ഡോക്കൺ സ്കെയിൽ ഓഫ് എത്തിയിസം എന്നൊരു ഒരു സ്കെലുണ്ട് അതിനെക്കുറിച്ച് പിന്നീടുള്ള ഏതെങ്കിലും ഒരു പോഡ്കാസ്റ്റോ ഞാൻ വിവരിക്കുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ നാസ്തികത പല വേരിയൻ പല തീവ്രതയുള്ള നാസ്തികതകളുണ്ട് തീവ്രതയുടെ അളവ് മാറി മാറിയുള്ള നാസ്തികതയുണ്ട് അപ്പോൾ ഞാനൊരു നാസ്തികനാണ് ഞാൻ ശാസ്ത്രീയമായാണ് യുക്തിപരമായാണ് ഓരോ കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്നത് അപ്പോൾ നാസ്തികത എന്നത് ദൈവം എന്നൊരു പ്രതിഭാസം എക്സിസ്റ്റ് ചെയ്യാൻ യാതൊരു സാധ്യതയും എന്ന് അറിയുന്ന ഒരാളാണ് ഒരു നാസ്തികൻ എന്നാണ് ഞാൻ കരുതുന്നത് എൻ്റെ കാഴ്ചപ്പാട് തെറ്റാണെങ്കിൽ ദൈവം തോന്നി എന്നെ കറക്റ്റ് ചെയ്യുക ഈ അതാണ് എത്തീസം എത്തീസം ഈസ് എ ഡിസ്ബിലീഫ് ഓർ ലാക്ക് ഓഫ് ബിലീഫ് ഇൻ ദ എക്സിസ്റ്റൻസ് ഓഫ് ഗാഡ് ഓർ ഗോഡ്സ് ദൈവങ്ങളോ ദൈവമോ അല്ലെങ്കിൽ ദൈവങ്ങളോ എക്സിസ്റ്റ് ചെയ്യുന്നത് ചെയ്യുന്നു എന്ന കാര്യം വിശ്വസിക്കാത്ത ആൾക്കാരാണ് നാസ്തികർ അതേസമയം തീയിസം ഈശ്വര വിശ്വാസം ഇത് ദൈവങ്ങൾ ദൈവമല്ലെങ്കിൽ ഒരു ദൈവമല്ലെങ്കിൽ ദൈവങ്ങൾ വിശ്വസിക്കുന്ന ഒരു കൂട്ടമാണ് ഒരു പ്രത്യേകതയുണ്ട് അതെന്നെ പറഞ്ഞാൽ ഈ ലോകം സൃഷ്ടിച്ച ദൈവമല്ലെങ്കിൽ ദൈവങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാ സമയത്തിലും ഇൻവോൾവ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയായി ആണ് നമ്മൾ കരു ഈശ്വര കരുതുന്നത് അതായത് ഞാൻ ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് മുൻകൂട്ടി അറിയുന്ന ഒരാളാണ് ദൈവം ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് അറിയുന്ന ഒരാളാണ് ദൈവം ഇത് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് അറിയുന്നവൻ ഒരാളാണ് ദൈവം ഇതാണ് അതായത് ഗോഡ്സ് ക്രിസ്തു ക്രിസ്ത്യാനികളുടെ ഒരു എന്താ പറയുന്ന കാഴ്ചപ്പാടിൽ ദൈവത്തിന് കുറെ ആട്രിബ്യൂട്ട്സ് ഉണ്ട് വിശേഷണങ്ങളുണ്ട് ഓംനിപ്പൊട്ടൻ സർവശക്തൻ ഓംനിഷിയൻ സകല കാലങ്ങളിലും സകല ഇടങ്ങളിലും നടക്കുന്നതും നടന്നതാ നടന്നതും നടക്കുന്നതും നടക്കാനിരിക്കുന്നതും ആ എല്ലാ കാര്യങ്ങളും അറിയുന്നവനായ ഒരാളാണ് ദൈവ പിന്നെ ഓംനി പ്രസൻ എല്ലാ കാലങ്ങളിലും എല്ലാ പിന്നെ ഓംനി ബെനവലൻ ഇത് മോഡേണായിട്ട് ആഡ് ചെയ്തൊരു വിശേഷണമാണ് ആധുനികമായിട്ട് ആഡ് ചെയ്താണ് അതായത് സർവകാരുണ്യമായൊരു ദൈവം എല്ലാ തെറ്റുകളും പൊറുക്കുന്നവനായൊരു ദൈവം ഇങ്ങനൊക്കെ വിശേഷണങ്ങളൊക്കെ ഒക്കെയാണ് ക്രിസ്തു ദൈവത്തിനുള്ള നമുക്ക് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വേറൊരു പോഡ്കാസ്റ്റിൽ നല്ല ഡീപ്പായിട്ട് ക്രിസ്തു ദൈവത്തിനെ നമുക്കൊന്ന് ബയോളജിയിൽ ഡിസെക്ട് ചെയ്യുന്ന അപ്പോൾ നമുക്ക് ഡിസെക്ട് ചെയ്ത് പഠിക്കാം പിന്നെ ീസം അതായത് തീസം എന്നതിൽ സൃഷ്ടാവായ ദൈവം നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മുടെ ദൈനംദിന പ്രവർത്തികളിൽ എല്ലാം തന്നെ ഉൾ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ദൈവമാണ് ഓക്കെ അത് തീസം ഡീസമുണ്ട് ധീസം എന്ന് പറയുന്നത് ഒരു സൃഷ്ടാവായ ഒരു ദൈവമുണ്ട് ഒരു ശക്തിയുണ്ട് ശക്തി ഈ ദുനിയാവ് യൂണിവേഴ്സ് മുഴുവൻ സൃഷ്ടിച്ചു അതല്ലാതെ ആ ശക്തിക്ക് നമ്മുടെ ജീവിതത്തിൽ യാതൊരു സ്ഥാനവുമില്ല സൃഷ്ടിച്ചു അത് അതിനോട് പ്രാർത്ഥിച്ചാലും ഗുണമില്ല പ്രാർത്ഥിച്ചില്ലാലും ഗുണമില്ല അത് നമ്മുടെ പ്രാർത്ഥനയൊന്നും കേൾക്കുന്നില്ല English par is the belief in an impersonal, non-intervening God. Some force who was a prime mover that created the universe. And step back and let the universe take its course. The universe is going <speaking> to live in the entire universe. That's why everybody is going to live in the universe. എന്താ പറയുന്ന ആമയെ സൃഷ്ടിച്ചില്ല വിഷ്ണുവിനെ ബ്രഹ്മാവിനെ സൃഷ്ടിച്ചില്ല അല്ലെങ്കിൽ ജിന്നുകളെ സൃഷ്ടിച്ചില്ല ഇല്ല ഒന്നുമില്ല പുള്ളിക്കാരൻ പുള്ളിക്കാരനാണെന്നാൽ പുള്ളിക്കാരിയാണെന്ന് പോലും ഒരു ശക്തി ഈ ലോകം മൊത്തം സൃഷ്ടിച്ചു പുള്ളി എന്താ ചെയ്യുന്നത് പോലും നമുക്കറിയാമേ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നും ഇടപെടാത്തൊരു ശക്തിയാണ് ഈ ദീയസ്ലെ ക്രിയേറ്റർ വേറെ ഒന്നുണ്ട് ഇതെന്നെ പറഞ്ഞാൽ ദൈവമുണ്ടോ ഇല്ലിയോ എന്നൊരു കാര്യം അവർക്ക് കോൺക്രീറ്റ്ലി പറയാൻ പറ്റത്തില്ല ഒരു നാസ്തികതയ്ക്കും വിശ്വ എന്താ പറയുക തീശം അതായത് എത്തിയസത്തിലും തീശത്തിനിടയ്ക്ക് ഒരു സേഫ് ലൈനുണ്ട് ആ ലൈനിൽ നടക്കുന്ന ആൾക്കാരാണ് അഗ്നോസ്റ്റസ് കാരണം അവർക്ക് അറിയാൻ വയ്യ അവർ അവർക്ക് ഒന്നെങ്കിൽ പേടിയുണ്ട് ഏതെങ്കിലും ഒരു സൈഡിലൊക്കെ ചായവായാൽ അതിനെതിരെയുള്ള എന്തെങ്കിലും അറിവ് വന്നാൽ അവർ തെറ്റാണെന്ന് സ്ഥാപിക്കപ്പെടും അല്ലെങ്കിൽ ഈശ്വര എന്ന് പറഞ്ഞ് നടന്നിട്ട് അവസാനം ഈശ്വരനില്ല എന്നൊരു അവസ്ഥ എത്തുമ്പോൾ അവർ തെറ്റാണ് എന്ന് ആ ഒരു ഭയവും അവരുടെ ഉള്ളിലുണ്ടെന്ന് തോന്നി അവർക്ക് രണ്ടു കൂട്ടറിലും അല്ല അപ്പോൾ ഇതാണ് അഗ്നോസ്റ്റിസ് അപ്പോൾ ഇതാണെൻ്റെ ആദ്യത്തെ പോഡ്കാസ്റ്റ് ഇത് എന്തെങ്കിലും തെറ്റുകളുണ്ട് എന്നൊക്കെയോ കരുതുന്നുണ്ടെങ്കിൽ ദയവ് തോന്നി ക്ഷമിക്കണം ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ പോസിറ്റീവ് നെഗറ്റീവ് കമൻസ് എല്ലാം ഉൾക്കൊണ്ട് ഞാൻ എങ്ങനെയാണ് കൂടുതൽ ബെറ്റർ ആക്കുന്നത് ഞാൻ ശ്രമിക്കാം ഞാൻ ഇതൊരു പോഡ്കാസ്റ്റ് എടുക്കാൻ തീരുമാനം കാരണം എൻ്റെ കയ്യിൽ അങ്ങനെയുള്ളൊരു എക്യുപ്മെൻ്റ് വീഡിയോ ഒരു ലോഗ വീഡിയോ ലോഗുണ്ടാക്കാനുള്ള എക്യൂപ്മെൻസോ അങ്ങനെ കാര്യങ്ങളോ ഒന്നും കയ്യിലില്ല എനിക്ക് ധാരാളം പറയാനുണ്ട് എന്നൊരു തോന്നലുണ്ട് ഐ വോണ്ട് ടു എക്സ്പ്രസ് മൈസെൽഫ് ഔട്ട് എൻ്റെ കാഴ്ചപ്പാടുകളൊക്കെ പുറത്തുള്ള ആൾക്കാർ ഞാൻ മാത്രം അറിഞ്ഞിരുന്നാൽ പോരാ എൻ്റെ കൂട്ട് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരിലേക്കും എത്തിക്കാനും അല്ലെങ്കിൽ എൻ്റെ കൂട്ടുള്ള ചിന്ത ബാക്കിയുള്ളവരിലും വളർത്താൻ പറ്റുമെങ്കിൽ എനിക്കൊരു നല്ലൊരു കാര്യമായിട്ട് ഞാൻ കരുതുന്നു അതുകൊണ്ട് വീഡിയോയിലൂടെ കൂടെ വീഡിയോയിൽ കൂടെ പോകുന്നേക്കാൾ ബെറ്റർ എനിക്ക് തോന്നുന്നു ഞാൻ പോഡ്കാസ്റ്റിൽ കൂടെ പോകുന്നതാണ് എനിക്ക് താല്പര്യമെന്ന് ഞാൻ തോന്നുന്നു അതുകൊണ്ട് ഞാൻ പോഡ്കാസ് തുടങ്ങി വിഷ് മി വെരി മച്ച്